വിശ്വാസികളെ ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത് അവർ അവരെക്കാൾ ഉത്തമരായിരിക്കാം സ്ത്രീകൾ മറ്റു സ്ത്രീകളെ പരിഹസിക്കരുത് അവർ അവരെക്കാൾ ഉത്തമരായിരിക്കാം നിങ്ങൾ നിങ്ങളെത്തന്നെ പരിഹസിക്കരുത് വിശ്വാസത്തിനു ശേഷം ദുർമാർഗമായ പേരുവിളിക്കൽ വളരെ മോശമാണ് ആരെങ്കിലും പശ്ചാത്തപിച്ചില്ലെങ്കിൽ അവർ തന്നെയാണ് അക്രമികൾ